നരകത്തിന്റെ കാവൽക്കാരായി ഞങ്ങൾ മലക്കുകളെ മാത്രമേ നിശ്ചയിച്ചുള്ളൂ സത്യനിഷേധികൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ അവരുടെ എണ്ണം ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല വേദം നൽകപ്പെട്ടവർക്ക് ഉറപ്പു ലഭിക്കാനും വിശ്വസിച്ചവരുടെ വിശ്വാസം വർധിക്കാനും വേദം നൽകപ്പെട്ടവരും വിശ്വാസികളും സംശയിക്കാതിരിക്കാനും വേണ്ടിയാണത് ഹൃദയങ്ങളിൽ രോഗമുള്ളവരും സത്യനിഷേധികളും ഇതുകൊണ്ടല്ലാഹു സുബഹാനഹൂവത്ത് ആല എന്ത് ഉദാഹരണമാണുദ്ദേശിച്ചത് എന്ന് ചോദിക്കാനും വേണ്ടിയാണത് അപ്രകാരം അള്ളാഹുസ്ബാനുഹുവ തായ താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താനുദ്ദേശിക്കുന്നവരെ നേർ വഴിയിലാക്കുകയും ചെയ്യുന്നു നിന്റെ രക്ഷിതാവിന്റെ സൈന്യത്തെ അവൻ അള്ളാഹുസ്ബഹാനുഹുവ ത്തായ ഒഴികെ മറ്റാരും അറിയുകയില്ല ഇത് മനുഷ്യർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്